നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സൂര്യൻ ചന്ദ്രനെന്ന രണ്ട് സങ്കല്പങ്ങളെ ചില സങ്കല്പങ്ങളാണ് ഞാൻ പങ്കുവച്ചത് ഇനിയും സൂര്യനും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ എല്ലാറ്റിനും പൂർണ്ണമായ ഉത്തരം എനിക്കും കിട്ടിയിട്ടില്ല കാരണം അത് പറഞ്ഞതുപോലെ ഇത് വളരെ വിശാലമായ ഒരു ക്യാൻ ഒരു സങ്കല്പമാണ് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പങ്ങൾ സൂര്യൻ മാതാവ് സൂര്യൻ പിതാവ് അച്ഛൻ ചന്ദ്രൻ മാതാവ് അല്ലെങ്കിൽ അമ്മ ഈ രണ്ട് സങ്കല്പങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പങ്കുവച്ചത് സൂര്യൻ അച്ഛനെ പ്രതിനിധാനം ചെയ്യണു ചന്ദ്രൻ അമ്മയെ പ്രതിനിധാനം ചെയ്യണു എൻ്റെ സ്വാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് അച്ഛനും ഒന്നമ്മയും എന്നിലുള്ളവരെന്നെയാണ് ഈ ലോകത്തിലുമുള്ളത് എന്ന ഈ ലോകമാകുന്ന ഈ ഭൂമിയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികളാണ് അച്ഛൻ എന്ന സൂര്യനും അമ്മ എന്ന ചന്ദ്രനും അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇനി മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന വ്യക്തി വ്യക്തി എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് ഗുരുവാണ് അച്ഛൻ അമ്മ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തി വിശേഷമാണ് ഗുരു ഈ ഗുരു എന്നത് വളരെ വലിയ അല്ലെങ്കിൽ അച്ഛനേക്കാൾ അമ്മയേക്കാൾ ശ്രേഷ്ഠത കൂടിയ ഒരു സങ്കല്പമാണ് ഗുരു സങ്കല്പം പ്രത്യേകിച്ച് ഭാരതത്തിൽ ഗുരു എന്ന സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മറ്റുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളിലെ പോലെ അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠത നമ്മൾ ഗുരുവിന് കൊടുക്കുന്നുണ്ട് ഗു എന്നാൽ അന്ധകാരം ഗ എന്നുള്ള ശബ്ദം ആ ശബ്ദം നമ്മൾ ഗു ഒരു രണ്ട് ശബ്ദമാണല്ലോ അവിടെ ഉള്ളത് അതിലൊന്ന് ഇരുട്ടിനെയും ഒന്ന് പ്രകാശത്തിനെയും സൂചിപ്പിക്കുന്നു ഗുരു എന്നുള്ളത് പ്രകാശം രാജ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ബീജമാണ് അഗ്നിയുടെ അക്ഷരമാണ് അപ്പോൾ ഇരുട്ടിൽ നിന്നും അപ്പം ഇരുട്ടും പ്രകാശവും ഇരുട്ടും വെളിച്ചവും അടങ്ങിയ ഒന്നു തന്നെയാണ് ഗുരുവെന്ന് പറയാം അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ആരാണോ നമ്മളെ മുന്നിൽ നയിച്ചുകൊണ്ട് ഗുരു ജ്ഞാനമാകുന്ന അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന അറിവാകുന്ന പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ആരാണോ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിനെയാണ് ഗുരു എന്ന് പറയുന്നത് അതൊരു വ്യക്തിയല്ല ഒരു സങ്കല്പ ഒരു ഒറ്റ വ്യക്തി മാത്രമല്ല ഗുരു എന്ന് പറഞ്ഞാൽ ക മഹാകവി ഉളപ്പമണ്ണം പാടിയ പോലെ ആരാണ് ഈ ലോകത്തിൽ ഗുരുവല്ലാത്തത് ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും ജീവൻ ഇല്ലാത്ത എല്ലാം ചരാചരങ്ങളും മുഴുവൻ ഗുരുക്കന്മാരാണ് ലോകം മുഴുവൻ ഗുരുവാണ് നമുക്കാരാണോ എവിടെ നിന്നാണോ അറിവ് ലഭിക്കുന്നത് അതൊക്കെ ഗുരുവാണ് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട് അവസാനം അതിൽ ജീവനുള്ളതും ജീവൻ വസ്തുക്കളൊക്കെ ഉണ്ടതിൽ അതിൽ മനുഷ്യൻ മാത്രമല്ല പക്ഷി മൃഗാദികളും ഗുരുക്കന്മാരാണ് രാ എന്നാൽ അഗ്നിയുടെ അക്ഷരാണ് അഗ്നി പ്രകാശമാണ് അഗ്നി അറിവാണ് അഗ്നി ജ്ഞാനമാണ് ദൈവം എന്ന അർത്ഥം ദൈവം എന്ന ശബ്ദത്തിന് പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ ദൈവമാണ് സൂര്യൻ പ്രകാശിപ്പിക്കുന്നവനാണ് സൂര്യൻ അഗ്നിയാണ് സൂര്യൻ ചൂടാണ് സൂര്യൻ പ്രകാശാണ് ചന്ദ്രനും പ്രകാശിപ്പിക്കുന്നവനാണ് അപ്പോൾ പ്രകാശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രകാശിപ്പിക്കുക പറഞ്ഞാൽ വെളിച്ചം തരിക എന്ന് മാത്രമല്ല അജ്ഞാനം അകറ്റുക ഇരുട്ടകറ്റുക അറിവില്ലായ്മ അകറ്റുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഗുരു എന്ന സങ്കല്പം അത്ര വിശാലമായ സങ്കല്പമാണ് അജ്ഞാനം അകറ്റി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സങ്കല്പമാണ് ഗുരു അപ്പം അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ഗുരുവിനുണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയണത് ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ്മ ഗുരുവെന്നെയാണ് വിഷ്ണു ഗുരുവെന്നെയാണ് ശിവൻ ഗുരുവെന്നെയാണ് ബ്രഹ്മാവ് സ ഈ പര ബ്രഹ്മവും ഗുരുവെന്നെയാണ് അതുകൊണ്ട് ഞാൻ ഗുരുവിനെ വന്ദിക്കുന്നു ബ്രഹ്മാവ് കോപിച്ചാൽ വിഷ്ണുവിനോട് പറയാം എന്നാണ് വിഷ്ണു രക്ഷിക്കും വിഷ്ണു കോപിച്ചാൽ ശിവനോട് പറയാം ശിവൻ രക്ഷിക്കുന്നതാണ് ശിവൻ കോപിച്ചാൽ ഗുരുവിനോട് പറയാൻ ഗുരു രക്ഷിക്കുന്നതാണ് ഗുരു കോപിച്ചാൽ പിന്നെ ഒരാളോട് പറയാനില്ല അത്ര ശ്രേഷ്ഠമാണ് ഗുരു അപ്പോൾ ഗുരുസങ്കല്പം നമ്മുടെ ഭാരതത്തിൽ അത്ര മഹത്തരാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഈ ലോകത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നമ്മുടെ മാതാപിതാക്കളാണ് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഗുരുവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ലൊരു ശതമാനം സമയം നമ്മൾ ഗുരുക്കന്മാരോടൊപ്പമാണ് ചെലവഴിച്ചിട്ടുള്ളത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു എട്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പരമാവധി പത്ത് വയസ്സോടുകൂടി ഗുരുകുലത്തിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുക പിന്നെ ഗുരുവിൻ്റെ കൂടെയാണ് എത്രയോ വർഷങ്ങൾ പത്തിരുപത് കൊല്ലം ഗുരുവിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് കൊല്ലം ഗുരുവിൻ്റെ കൂടെയാണ് ഗുരുവിൻ്റെ കൂടെ താമസിച്ച് എല്ലാവിധത്തിലുള്ള അറിവുകളെ അഭ്യസിച്ചിട്ടാണ് രാജാക്കന്മാരടക്കം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ചാണ് അദ്ദേഹത്തിന് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഭഗവാനാണ് പക്ഷേ അദ്ദേഹം ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ചു ശ്രീരാമൻ ഗുരുവിൻ്റെ മുഖത്തു നിന്നാണ് വിദ്യാഭ്യസിച്ചത് എത്രയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ ഗുരുന്നെ മഹർഷിമാരാണ് എന്ന് പറയണേൽ അഭിമാനം കൊണ്ടിരുന്നു ഞാൻ വസിഷ്ഠൻ്റെ എൻ്റെ ഗുരു രാജഗുരു വസിഷ്ഠനാണ് വിശ്വാമിത്രനാണ് ഞമദഗ്നിയാണ് ഗൗതമനാണ് എന്നൊക്കെ പറയണേൽ അഭിമാനം കൊണ്ടിരുന്നു ഗുരുവിൻ്റെ ഗുരുവിനെ പറ്റി പറയുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു ഇനി ഇപ്പോഴത്തെ ആധുനിക കാലത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അധ്യാപകരുടെ കൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു നാല് വയസ്സായാൽ കുട്ടിയെ എൽ കെ ജിയിലാക്കും നാല് വയസ്സ് വരെയാണ് നമ്മുടെ വീട് കൂടെ കുട്ടി ടൈം ഉണ്ടാവുന്നത് പിന്നെ കുട്ടി എൽ കെ പിന്നെ അവിടെ അങ്ങോട്ട് കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ മിനിമം വിദ്യാഭ്യാസം ഉണ്ട് അപ്പോൾ ഏകദേശം പത്ത് ഇരുപത് വർഷം ആ കുട്ടി ചിലവഴിക്കണത് അധ്യാപകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം രാവിലെ കുട്ടി നേരത്തെ അതുപോലെ തന്നെ ഇപ്പോഴത്തെക്കെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാലും അതേ രാവിലെ നേരത്തെ ട്യൂഷന് പോവും അത് കഴിഞ്ഞ് സ്കൂളിൽ പോവും കോളേജിൽ പോവും വൈകുന്നേരം വന്നാൽ വീണ്ടും ട്യൂഷന് പോകും അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഗുരുവിൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ അച്ഛനേക്കാൾ അമ്മയേക്കാൾ പ്രാധാന്യം ഗുരുവിനുണ്ട് മൂന്നക്ഷരവും മുറുക്കവും ഇല്ലെങ്കിൽ പിന്നെന്ത് കാര്യം കാരണവന്മാർ പറയാറുണ്ട് മൂന്നക്ഷരം ഗൂ ഒരു മുറുക്കം ഗുരുത്വം ഗുരുത്വമുണ്ടെങ്കിലേ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ കുരുത്തം കെട്ടാൻ മലയാളത്തിൽ സാധാരണ പറയണതാണ് ഗുരുത്വം എന്നുള്ള എൻ്റെ പച്ച മലയാളമാണ് കുരുത്തം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഒരു തരത്തിലുള്ള ഗുണമില്ലാത്ത ആളെന്നാണ് എന്തുണ്ടെങ്കിലും കുരുത്തം കെട്ടുപോയാൽ ഒരു കാര്യമില്ല അത്ര മഹത്തരമായ ഒരു സങ്കല്പമാണ് ഗുരുവിനുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വമാണ് ഗുരു എന്നെ പോലെ തന്നെ വേണം ഈ ലോകം അതുകൊണ്ടുതന്നെ ലോകത്തിലുള്ള സമസ്ത ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ഈ ഭൂമി മുഴുവൻ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗുരുസങ്കല്പം ഉണ്ടാകണ്ടേ ആ ചിന്തയിൽ നിന്നാണ് വ്യാഴം സൗരയൂഥത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴാണ് നമ്മുടെ പൂർവീകരമായ ആചാര്യന്മാർ ഈ സൗരയൂഥത്തിനെ നിരീക്ഷിച്ചപ്പോൾ അച്ഛനാകുന്ന സൂര്യനും അമ്മയാകുന്ന ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും വലിയത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഗുരുവാണ് ഈ സൗരികോധത്തിൽ കാണപ്പെടുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴമാണ് അതുകൊണ്ട് വ്യാഴത്തിനെ ജുപ്പിറ്ററിനെ അവർ ഗുരു എന്ന സങ്കല്പത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗുരു എന്ന സങ്കല്പത്തിൽ ലോകഗുരു എന്ന സ്ഥാനം വ്യാഴത്തിന് കൊടുത്തു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് ശക്തികൾ അച്ഛനമ്മ അത് സൂര്യനും ചന്ദ്രനും ലോകത്തിൻ്റെ മുഴുവൻ സങ്കല്പത്തിൽ എൻ്റെ ജീവിതത്തിൽ അച്ഛനേക്കാൾ അമ്മയേക്കാൾ സ്വാധീനം ചെലുത്തുന്ന മറ്റൊന്നുണ്ട് അത് ഗുരുവാണ് അതുകൊണ്ട് തന്നെ എന്നിലുള്ളതൊക്കെ ഈ ലോകത്തിലുണ്ട് അതുകൊണ്ട് എന്നിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ ലോകത്തിലും സ്വാധീനം ചെലുത്തും എന്ന സങ്കല്പത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായി വ്യാഴത്തിനെ കൽപ്പിച്ചു ജ്യോതിഷത്തിൽ എല്ലാറ്റിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് വ്യാഴമാണ് വ്യാഴ പ്രസാദമുണ്ടെങ്കിലേ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കൂടുതലേക്ക് കിടക്കാം നമസ്കാരം